दिवाकराय मोहध्वांतवाकर भगवत्दाता नमोस्त सततम पूर्णा बोधात्मने यस्योर्मि मात्रं भुवनं समस्तं ഗുഹാഹം ഗഭീരം ചിന് വിഹീനം ഹൃദ ച ചിന്തയാഹം മൃണ്മയവ് ജടാത്മകഹം ബുദ്ധി നാഹം തദ്ധാത്മസദ്ഭാവത്തോഹം ഭാവയു കൂതോ വരധിയാൃഷ്ട്വാത്മന फूर्तितया अचलशिवर्णो विभाति स्वयं करुणापूर्णसुधाधे कपलिदन विश्व किरणवल्या अरुणाचल पर चिदसुविकसाचल भूवा स्तिलीन में छि ഹൃദ്യഹിത്മതയാ നൃത്യോ തേവി ഹൃദയം നാമ അഹമിതി കൂത ആയാതീന്ഷ്യന്ത പ്രവിഷ്ടയാമലധ്യ അവഗമ്യസ്വം ൂപ്പം ശാമ്യരുണാചലത്ീവാബ്ധൗ തഷയ ബാഹ്യം രുദ്ധപ്രാണേന രുദ്ധമനസന്ത योगी ते മഹീയം തേ सर्वं പശ്യൻ സർ തവായാ സതത്ത അനന്യീ സജയത്യരുചല सुखे സുഖേ മഗ്നൃദയകുഹരമധ്യേ केवलं ബ്രഹ്മമാത്രം यहमहमिति സാക്ഷാത് आत्मपेण भाति हृद विश मनसा चलन चिंवता मुज्जता पवनचलन रोधात्मनिष्ठ यस्ज्जा यस्मिन्नेव प्रलीयते एनेदं धार्यते तस्मै ज्ञात्मने नह भुक्त्वा प्रज्ञाशु स्रचरिकव्याप्यलोकान भुक्त भोगास्तन धनोद्दासीतामियान पीता सर्वान्शेष स्वीति मधुरभु वायया भोजयन हम मख्याय परम अमृतम अजं ब्रह्मय ശോണപ്രഭം സോമകലാവതംസം പാണിസ്ഫുരത് പഞ്ചസരേക്ഷുചാപം പ്രാണപ്രിയം നൌമു പീനകാണേ കോണത്രയസ് കൂലദൈവതം നഹം നമു യാമീനേഖാകൃതകുന്ത ചൂടോത്തംസിത ചന്ദ്രചാരുക്കലി ചഞ്ചൽ കാസ്വരോ ലീലാദഗവിലോലകശലഭശ്രേയോദശ്രേ സ്ഫുരൻ അന്തസ്ഫൂർജതപാരമോഹതിര പ്രാഗ്ഭാരുച്ചാടയൻ ചേട്ട സത്മനിഗി വിജയത്തെ ുജവദുജാസ്മാക്കും സിധി സന്നിധിം കിയത് രാഖാച്രസമാന കാതാകാതിരാജസ്തു മൂക്കു സുരധുനീനി കാശവൈഭവം श्री विहार शीनगरी विहाररसिका एका सता परंपरा पशुपते आकारिणी राजते योक प्रवश्य मम वाच प्रसुप्ता सजीवयत किल शहस्त अनिया हस्चरणश्रवणादी പ്രാണന്നമോ ഭഗവത്തെ പുരുഷാഭ്യം ഹരി ഓർ പ്രതിബോധിത നാരായണേന സ്വയം വ്യാസന ഗ്രഥിതം പുരാണമുനി मध्ये महाभारतं അദ്വൈതമൃതവർഷിണ भगवतीं അഷ്ടധ്യംബ വാമനുസന്ദി ഭഗവത്ഗീതീ നമോസ്തു തേവ്യാസവിശാലുദ്ധേ ഫുല്ലേത്രന യാതൈലൂർണ പ്രജ്വാലി ജാനമയ പ്രദീപ്രപന്നിജ സ്ത്രോത്രേത്രൈകണ ജാനമുദ്രാ കൃഷ്ണ ഗീതമൃതദുഹേ നമോപനിഷദോ ഗാമോ ദുഗാ ഗോപാളനന്ദന പാർോ വത്സുധീർഭോക്തം ഗീതമൃതം മഹത് വസുസുതംരമർദനം ീ പരമാനന്ദം കൃഷ്ണ വന്ദേ ജഗദ്ഗുരു മൂക്കം കരോളം പങ്കു ലംഘയേ ഗിരിയത്മഹം വന്ദേ പരമാനന്ദമാധവം യം ബ്രഹ്മാവരുടെദ്രമരുതുൻവ്യൈ സ്തൈ വേദൈസാംഗപദക്മോപനിഷദൈർഗായം സാമഗാ ध्यास्थितगतेन मनसा पश्यम योगिनो यदुसुरा सुरगणा देवाय तस् नम पाथसारथिपेणय्वा शुभंगि पाथस्याति हू देव कृप मूर्ति स पात േൂത മൈത്ര കരുണേവ നിമമോ നിരഹങ്ക സമദുഖസുഖമീ സന്തുഷ്ടസതംീ യഥാത്മാനിശ്ചയ മയർപ്പനോബുദ്ധി യോമദ്ഭക്ത സമീപ്രി ഭാഗവതലക്ഷണം പറഞ്ഞുകൊണ്ടുവരാണു ഭഗവ ഭക്തന് എന്താണ് ഭക്തന്റെ ലക്ഷണങ്ങൾ ബാഹ്യലക്ഷണങ്ങളല്ല ആന്തരിക ലക്ഷണം സൂര്യൻ ഉദിക്കണതിന് മുമ്പ് അരുണോദയം വരണോ പോലെ ഭഗവത് അനുഭവത്തിന് മുന്നോടിയായിട്ട് ഈ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങും അതിൽ ആദ്യമേ ഭഗവാൻ പറഞ്ഞു ദ്വേഷം ഉള്ളുന്നു പോകുന്നു അദ്വേഷ്ടർവഭൂതാനം ഇന്നലെ പറഞ്ഞതിനെ ഒന്ന് ഓർത്തുനോക്ക് അദ്വേഷ്ടർവഭൂതാനം ുള്ളില് അല്പമെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ ദ്വേഷമുണ്ടെങ്കിൽ നാമം ജപിക്കണു സങ്കീർത്തനം ചെയ്യണു പൂജ ചെയ്യണു കുറിതൊടുന്നു ഇതൊക്കെ ഉണ്ടെങ്കിലും ഭഗവാൻ സമ്മതിക്കില്ല എന്നാണ് എന്നെ പരിഹസിക്കുകയാണ് അവൻ എന്നാണ് കപിലവാസുദേവൻ ഭാഗവതത്തിൽ പറയണത് കുരുതെ അർച്ചാ വിടംബനം അല്പം എങ്കിലും അകത്ത് വെറുപ്പുണ്ടെങ്കിൽ ദ്വേഷുണ്ടെങ്കിൽ നീ എന്തൊക്കെ തന്നെ പുറമേക്ക് ചെയ്തോളൂ അകത്ത് അനുഭവം ഭക്തി ഉണ്ടാവില്ല അദ്വേഷ്ടർവഭൂത നാം ദ്വേഷമില്ല എന്ന് മാത്രമല്ല മൈത്രഹ മൈത്രിഭാവം സർവത്ര മൈത്രിഭാവം എല്ലാരും നമ്മളെ ചേർന്നതാണെന്ന് വാസുദേവ സർവം എന്ന് ഭഗവാൻ ഗീതയുടെ അവസാന വാക്കായിട്ട് പറയുക ബഹൂനാം ജന്മനാമത്തെ ജ്ഞാനവാൻമാം പ്രപദ്യത്തെ വ സർവമിത്തി സമഹാത്മാ സുദുർലഭൾക്ക് അനേക ജന്മ സംസിദ്ധ അനേക ജന്മങ്ങൾക്ക് ശേഷം പക്വമായ ഒരു ഭക്തന് സകലതും വാസുദേവ സ്വരൂപമായിട്ട് അറിയണം ഇതാണ് ഗീതയുടെ സിദ്ധാന്തം എന്തെങ്കിലും ഒരു സിദ്ധാന്തം അല്ലാതെ പ്രത്യേകിച്ചൊരു മതം എന്തെങ്കിലും നമുക്കൊരു വിശേഷണ ഉണ്ടെങ്കിൽ ഗ്രഹണമുണ്ടെങ്കിൽ അതിന് ഓപ്പോസിറ്റായിട്ടുള്ളതിനോട് വെറുപ്പ് തോന്നൂ അദ്വൈതം എന്നുള്ള സിദ്ധാന്തത്തിൽ നമുക്ക് പറ്റുണ്ടെങ്കിൽ ദ്വൈതികളോട് വെറുപ്പ് തോന്നും ദ്വൈതം വിശിഷ്ടാദ്വൈതം എന്തെങ്കിലും ഒരു സിദ്ധാന്തത്തിനോട് പറ്റുണ്ടെങ്കിൽ അദ്വൈതികളോട് വെറുപ്പ് തോന്നും ശൈവം എന്നൊരു സിദ്ധാന്തത്തിനോട് പറ്റുണ്ടെങ്കിൽ വൈഷ്ണവരോട് വെറുപ്പ് തോന്നും വൈഷ്ണവം എന്നൊരു സിദ്ധാന്തത്തിനോട് പറ്റുണ്ടെങ്കിൽ ശൈവനോട് വെറുപ്പ് തോന്നും പുരുഷൻ എന്നു ഭാവമുണ്ടെങ്കിൽ സ്ത്രീകളെ നികൃഷ്ടമെന്ന് തോന്നും സ്ത്രീകളാണ് എന്നുള്ള ഭാവമുണ്ടെങ്കിൽ സ്ത്രീ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടും പുരുഷന്മാരോട് വെറുപ്പ് തോന്നും മനുഷ്യനാണ് എന്ന് തോന്നുന്നോളും മൃഗങ്ങള് അതൊക്കെ തന്നെ നികൃഷ്ട ജന്തുക്കളായിട്ട് തോന്നും എപ്പോഴാണോ സകല ഭേദവും മറ്റു പോണത് ഉദരമന്തരം കുറത്തെ അഥതസ്യ ഭയം ഭവത്തിന അല്പമമെങ്കിൽ അന്തരമുണ്ടെങ്കിൽ ഭയണ്ട് ഭയെന്താ കാമം ക്രോധം ലോപം മോഹം മതം മാത്സതിയും ഒക്കെ ഭയമാണ് ഭയം എന്ന് വെച്ചാൽ ഈ പേടി മാത്രമല്ല എന്തെന്തെന്ന് നമുക്ക് ഉള്ളിൽ വിക്രിയയോ ഉണ്ടാവോ എന്തെന്ത് നമ്മളുടെ മനസ്സിന്റെ നമ്മളുടെ ശാന്തിയെ വിച്ഛേദനം ചെയ്യോ അതൊക്കെ ഭയക്കാരണം യാതൊരു സിദ്ധാന്തവും പ്രത്യേകിച്ച് ഒരു സിദ്ധാന്തവും ജീവൻ മുക്താനന്ദലഹരി എന്ന ആദിശങ്കർ ഭഗവത്പാദരുടെ ഒരു പ്രകരണ ഗ്രന്ഥണ്ട് അതിൽ ജീവൻമുക്തനെ വർണ്ണിക്കുമ്പോ പറയണോ മുമ്പിൽ ആരു വരണോ അവരുടെ കൂടെ ആയിക്കോളൂ അത്ര എന്താന്ന് വെച്ചാൽ ഒരു മതവുമില്ല ഒരു അഹങ്കാരവുമില്ല വാസുദേവ സർവം അവൻ ലൗകികനാണെങ്കിൽ ലൗകികന്റെ കൂടെ ലൗകികം പറഞ്ഞുകൊണ്ട് നടക്കും അവൻ പരമഭക്തനാണെങ്കിൽ അവന്റെ കൂടെ ഭക്തി അവൻ വൈഷ്ണവനാണെങ്കിൽ വിഷ്ണുവിനെ ആരാധിക്കും ശൈവനാണെങ്കിൽ ശിവനെ ആരാധിക്കാം ഗാണപത്യനാണെങ്കിൽ ഗണപതിയെ ആരാധിക്കാം കൗമാരമതത്തിലെ ചേർന്ന ആളാണെങ്കിൽ സുബ്രഹ്മണ്യനെ ആരാധിക്കാം തനിക്കൊരു വ്യക്തിത്വമേയില്ല സകലതും വാസുദേവ സ്വരൂപം വാസുദേവ സർവം ്രദായം ഒരു സിദ്ധാന്തം എന്നുള്ള അഹം സിദ്ധാന്തം സമ്പ്രദായം എന്നുള്ളത് ലോകത്തിൽ വേണം നമുക്കൊരു സാധനയ്ക്ക് ഒരു മാർഗം വേണം പക്ഷേ ആ സാധനാ മാർഗത്തിനെ തന്നെ ഇത് തന്നെയാണ് ഉള്ളത് എന്ന് വരും അഹങ്കാരം വരും അപ്പൊ ദ്വേഷം വരും മൈത്രിഭാവം സാധ്യമല്ല മൈത്രിഭാവം സാധ്യമല്ല എല്ലാവരോടും എങ്ങനെ മൈത്രിഭാവം വരും അവനെ കണ്ടാവും വേറെയാണെന്ന് തോന്നുന്നു എന്തിനോട് പറ്റിണ്ടെങ്കിലും ജാതിയോട് പറ്റുണ്ടെങ്കിൽ വർണ്ണത്തിനോട് പറ്റിണ്ടെങ്കിൽ ആശ്രമത്തിനോട് പറ്റുണ്ടെങ്കിൽ നമുക്ക് വ്യവഹാരത്തിൽ ഇതൊക്കെ കാണാം എന്തിനോട് നമുക്ക് പറ്റുണ്ടെങ്കിലും അതല്ലാത്തതിനോട് അല്പം ഒരു അകൽച്ച തോന്നും സർവമൈത്രിഭാവം എന്നുള്ളത് സാധ്യമല്ല അല്പരു ഭേദം തോന്നുന്നു അങ്ങനെ ഒരു ഭേദമില്ലാത്തവനാണ് പരമഭാഗവതൻ ഭക്തൻ അവൻ ഒന്നിനോടും വെറുപ്പുമില്ല ദ്വേഷവുമില്ല സർവഭൂത പശ്യേത് ഭഗവത്ഭാവമാത്മന ഭൂത ഭഗവതി ആത്മനി ഏഷ ഭാഗവത്തോത്ത നാമ്യകർമ്മീജാ യേതസി സംഭവം വാസുദേവൈകനിലയ സവൈ ഭാഗവതോത്തമ സ്വ പരയി വിത്തേശു ആത്മനിവാഭിത സർവഭൂത സമശാന്ത സവൈ ഭാഗവതോത്തമ ഇങ്ങനെയൊക്കെയാണ് ഭാഗവതത്തിലെ നവയോഗി ഉപാഖ്യാനത്തിലെ ഭാഗവതോത്തമ ലക്ഷണങ്ങൾ പറഞ്ഞത് ഇവിടെ ഭഗവാൻ പറഞ്ഞു ഉത്തമ ഭക്തന് എല്ലാം തന്റെ ആളുകളാണ് മൈത്ര करणये व्यंल प्रियंमो निरहंकार ममत अहंत अहंता ममता जीवन्मुक्त लक्षण अहंत अव ममत यावन अभिमन शरीर इंटे वस्तु അങ്ങനെ വന്നു കഴിഞ്ഞാൽ വ്യവഹാരം നടക്കോ ബുദ്ധിമുട്ടാണ് ഒന്നും എന്റേതില്ലെന്ന് വന്നാൽ വ്യവഹാരം നടക്കോ എന്ന് ചോദിച്ചാൽ ഒറ്റ ചോദ്യമേ തിരിച്ചു ചോദിക്കാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് വ്യവഹാരം വേണോ ഭഗവാൻ വേണോ ഞങ്ങൾക്ക് വ്യവഹാരം മതി വെച്ചുള്ള ചത്തു പോകുമ്പോ വ്യവഹാരം എന്തായാലും പോകും എനിക്ക് ഭഗവാൻ വേണമെന്നുണ്ടെങ്കിൽ ഭഗവാനെ പിടിച്ചോളൂ വ്യവഹാരം പോയാ പോട്ടെ എന്താണോ നിങ്ങളെ വെച്ചുകൊണ്ട് നടത്തേണ്ടത് അത് ഭംഗിയായിട്ട് നടക്കും ഒന്നും നഷ്ടാവില്ല മമതയില്ലെങ്കില് കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും നമ്മൾ വിചാരിക്കും കാര്യങ്ങൾ ആരാണോ നടത്തണത് അവൻ നടത്തിക്കൊള്ളും നമ്മള് കൂരതാങ്ങണോ പല്ലിയെ പോലെ ഞാൻ കൈവിട്ടാൽ ബിൽഡിംഗ് വീഴും എന്ന് വിചാരിച്ചിരിക്കാത്ത പല്ലി അതുപോലെ ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ ഒക്കെ പോവോ ധരിക്കാണ് അഹന്ത മമതാത്യാഗ മമതയൊക്കെ ഭഗവാനിലാവട്ടെ എന്നാണ് ഭഗവാൻ എന്ത് ചെയ്യണമോ ചെയ്യട്ടെ എന്നെവിടെ വെക്കണമോ ഞാൻ അവിടെ ഇരുന്നോടാം എനിക്ക് എന്ത് തരാൻ യോഗ്യതയുണ്ടോ തരട്ടെ ഭക്തൻ പ്രവർത്തിക്കണമെന്നില്ല പ്രവർത്തിക്കണില്ല എന്നല്ല അർത്ഥം ഈ മമത അഹന്തയെ വിട്ടിട്ട് പ്രവൃത്തി നടക്കൂ ഇല്ലയോ നോക്കുക ഒന്ന് നോക്കുക പ്രവൃത്തി കുറച്ചുകൂടെ ഭംഗിയായിട്ട് നടക്കും പക്ഷെ നമ്മൾ ഭാവന ചെയ്യുന്ന രീതിയിലൊന്നും ആയിരിക്കില്ല എന്ന് മാത്രം നമ്മളെന്ത് വിചാരിക്കണം നമ്മൾ ഭാവന ചെയ്യണ രീതിയിൽ നമ്മളുടെ ആഗ്രഹത്തിനനുസരിച്ചൊക്കെ നടക്കണം എന്ന് എന്നിട്ട് ഇപ്പൊ അതൊക്കെ പെർഫെക്ട് ആവുന്നുണ്ടോ എത്ര കുഴപ്പങ്ങളാ ജീവിതം മുഴുവൻ കുഴപ്പം മ്മള് ഭഗവാനെ ഏൽപ്പിച്ച് നമുക്കൊരു പ്ലാനും ഇല്ല സങ്കല്പം സർവസങ്കല്പ സന്യാസി യോഗാരൂഢസ്ഥതോക്ഷതയെന്ന് അവനൊരു സങ്കല്പില്ല സങ്കൽപ്പിക്കുന്ന ആള് വേറെ ആളുണ്ട് അവൻ സങ്കല്പിക്കുന്നതിനനുസരിച്ച് ഉണങ്ങിയ കാറ്റിൽ പറക്കണ പോലെ പറക്കണം അഹന്തയുമില്ല മമതയുമില്ല തന്റേതെന്ന് പറഞ്ഞ ഒന്നുമില്ല വാസുദേവ സർവം നിർമ്മമോ നിരഹങ്കാര സമദുഖ സുഖക്ഷമി സുഖമും ദുഃഖമൊക്കെയാണ് കുറെ പോലെ നല്ലതും ദ്വന്ദ്വം ഒരുപോലെ ഋഷികേശിലെ ശിപ്പായിലെ ഹെള സമയത്ത് ഒരു സന്യാസിയെ ഒരാള് കുത്തി ഒരു മഹാത്മാവിനെ ഒരാള് കത്തിക്കൊണ്ട് കുത്തി പോണ വഴിയില് അദ്ദേഹം വീണു രക്തം വാർന്നു അപ്പോഴേക്കും അടുത്തുള്ള സന്യാസി മഠങ്ങളിലുള്ളവരൊക്കെ അറിഞ്ഞ് എടുത്തുകൊണ്ടുപോയി ശുശ്രൂഷിച്ചു മരുന്നൊക്കെ വെച്ച് കെട്ടി അല്പം കണ്ണു തുറന്ന് ഇത്തിരി ബോധം വന്നപ്പോ ഒരു സന്യാസി ചോദിച്ചു മഹാരാജ് എന്നെ മനസ്സിലാവണോന്ന് ചോദിച്ചു ചാൽ ബോധമൊന്നു എന്ന് അറിയാൻ സ്വാമി പറഞ്ഞു മനസ്സിലാവണ ആരാണ് ഏത് ഭഗവാനാണോ എന്നെ കത്തിക്കൊണ്ട് കുത്തിയത് ആ ഭഗവാൻ തന്നെ എന്നെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കണം ആശ്ചര്യം അവൻ തന്നെയാണോ ഒരു വശത്ത് കുത്തണതും അവൻ തന്നെയാണോ ശുശ്രൂഷിക്കണതും സുഖമും അവന്റെ അടുത്തുനിന്ന് തന്നെയാണോ വരണത് ദുഃഖമും അവന്റെ അടുത്തു നിന്ന് തന്നെയാ സുഖം വരും ദുഃഖം വരുമ്പോ മാത്രം ഒരു ആയിരപ്പ ഇങ്ങനെ ചെയ്തു ഇത് വേണ്ടി കിടന്നല്ലേ ഭഗവാന്റെ അടുത്ത് ഒരിടത്തൊരു ഭക്തൻ ചോദിക്കണു എന്തിന് ഭഗവാൻ കാരുണ്യമൂർത്തിയാണോ നോക്കുന്ന നിങ്ങൾ നമ്മൾ പറയണു എന്തുകൊണ്ട് ജീവിതത്തിൽ ഇങ്ങനെ ദുഃഖം വരണമെന്ന് ചോദിച്ചു ഭഗവാന്റെ മറു ചോദ്യം സുഖം വരുമ്പോ എന്തുകൊണ്ട് നീ ഈ ചോദ്യം ചോദിച്ചില്ല എന്നാണ് ഇത്രകാലം സുഖം കിട്ടുമ്പോഴൊക്കെ ഒക്കെ നമ്മൾ സമ്മതിച്ചു ഒരു ചോദ്യമില്ല ഒരാളെങ്കിലും സുഖം വരുമ്പോ അമ്പലത്തിൽ പോയിട്ട് ഗുരുവായൂരപ്പ ഇങ്ങനെ സുഖം തരണമല്ലോ പറയണമില്ല ഒരാളെങ്കിലും സുഖം വരുമ്പോ ഒരു ജ്യോത്സ്യന്റെ അടുത്ത് പോയിട്ട് ബന്ധു ദശയാ നോക്കൂ പരിഹാരം വലുതുകൊണ്ടോ നോക്കൂ വിചാരിക്കുമ്പോഴേക്കും നല്ല കാര്യങ്ങളൊക്കെ നടക്കണോ അതൊക്കെ സ്വീകരിക്കും നമ്മളുടെ അഹന്തയുടെ സ്വഭാവം എന്താ അതിന് സുഖം വേണം ദുഃഖം വരാൻ പാടില്ല എപ്പോഴാണോ സുഖത്തിനെയും ദുഃഖത്തിനെയും സമമായ എടുക്കണത് അപ്പൊ അഹന്ത പോവും അതിന് നിൽക്കാൻ പറ്റില്ല പ്ലഷർ സീക്കിംഗ് സെന്റർ അത് നമ്മളുടെ ഒരു സെന്റർ ഉള്ളിലുണ്ട് ഇറ്റ് നീഡ്സ് പ്ലഷർ ആൻഡ് ഇറ്റ് റെസിസ് പെയിൻ രണ്ടിനെയും അതിന് കൊടുത്താൽ അത് എരിഞ്ഞു പോവും സമതു സുഖക്ഷമി മറ്റൊരു ലക്ഷണം ഭക്തന് സന്തുഷ്ട സതതം ഭക്തൻ എങ്ങനെ ഇരിക്കണോ ഭക്തൻ എന്ന് വെച്ചാൽ സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിലിരിക്കുമ്പോ അദ്ദേഹം വളരെ പ്രസിദ്ധനായ ശേഷം കുറെ പള്ളിയിലെ പാതിരിമാരും അവരും ഒക്കെ അദ്ദേഹത്തിനെ കാണാനൊക്കെ വരുമ്പോ അദ്ദേഹം കുറെ കുട്ടികളുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ആ പാതിരി ഒരു പാതിരിക്ക് വളരെ ആശ്ചര്യം തോന്നി അദ്ദേഹം വിളിച്ചു പറഞ്ഞു സർ സ്വാമി യു ആർ എ ഹോളി മാൻ നിങ്ങളൊരു സാധുവാണല്ലോ ഇങ്ങനെയൊന്നും ചിരിച്ചു കളിക്കാൻ പാടില്ല വളരെ ഗൗരവമായിട്ടിരിക്കണം അദ്ദേഹം പറഞ്ഞു എനിക്ക് ഗൗരവമായിട്ടിരിക്കണമെങ്കിൽ ഒരേ ഒരു സമയത്തെ പറ്റുള്ളൂ ഇടയ്ക്കിടയ്ക്ക് ഒരു വയറുവേദന വരുന്നുണ്ട് അത് വരുമ്പോ ഞാൻ വളരെ ഗൗരവമാവും അല്ലെങ്കിൽ എന്തിനും ഗൗരവമാവണം നമ്മളൊക്കെ ഭഗവാന്റെ കുട്ടികളാണ് അവര് മാത്രമല്ല കുട്ടികൾ നമ്മളൊക്കെ കുട്ടികളാണ് പാണ്ഡിത്യം നിർവിദ്യ ബാല്യേന തിഷ്ഠാസയത്ത് തത്വജ്ഞാനം ഉണ്ടാവാൻ വേണ്ടി പാണ്ഡിത്യം അറിയേണ്ടത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്താവണമെന്ന് വെച്ചാൽ പാണ്ഡിത്യം നിർവിദ്യ പാണ്ഡിത്യത്തിനെയും വിട്ടിട്ട് ബാല്യനെ നിഷ്ഠാസയിൽ കുട്ടികളെ പോലെ ആവണോ അത്രേ കുട്ടികളെ പോലെ എന്ന് വെച്ചാൽ കുട്ടികളുടെ ചേഷ്ടയും ഇതൊക്കെ കാണിക്കണമെന്നല്ല അർത്ഥം ആത്മജ്ഞാന ബലത്തോടുകൂടെ ഇരിക്കണമെന്നാണ് ബലൻ ബലമുള്ളവനാണ് ബാലൻ ലോകത്തിലെ ഏറ്റവും ബലമുള്ള ആളാണ് ബാലൻ കുട്ടികളെ പോലെ ബലമുള്ളവരാരും ഇല്ല എത്ര വലിയ ഹിറ്റ്ലറാണെങ്കിലും അയാളുടെ മുമ്പില് മുട്ടുകുത്തി നിൽക്കണം പുതുക്കത്ത് കയറിയിരിക്കും കരഞ്ഞാൽ മതി തോറ്റു ഒരു ദിവസം അക്ബറുടെ കോർട്ടില് ബീർബൽ വരാൻ ലേറ്റായി അപ്പോ ബീർബൽക്ക് ചെന്നൈ വയ്ക്കാൻ കുറെ ആളുകൾ കാത്തുകൊണ്ടിരിക്കും കോർട്ടിൽ അവരൊക്കെ അക്ബറോട് പറഞ്ഞു ഇയാള് കോർട്ടിൽ നേരം വൈകി വരണതൊക്കെ അയാള് സൗകര്യത്തിനെടുത്തിരിക്കുകയാണ് ഇങ്ങനെ വിടാൻ പാടില്ല അപ്പൊ അക്ബർക്ക് അറിയാം എന്നാൽ അക്ബർ ഇവരുടെ കൂടെ കൂട്ടുകൂടി വെറുതെ ഒന്ന് കളിക്കാൻ വേണ്ടിയിട്ട് അക്ബർ പറഞ്ഞു അത്ര നമുക്കൊരു കാര്യം ചെയ്യാം ഇന്ന് ബീർബലിനെ നമുക്ക് നല്ലവണ്ണം കളിയാക്കാം ഇപ്പൊ ബീർബൽ വന്നപ്പോ ചോദിച്ചു എന്താ നേരം ചോയോ എന്റെ കുട്ടി രാവിലെ എണീറ്റ് എന്നെ പുറപ്പെടാനേ സമ്മതിച്ചില്ല അപ്പൊ ഉറക്കെ ചിരിച്ചുകൊണ്ട് അക്ബർ പറഞ്ഞു ഇത്ര ബുദ്ധിമാനായ ബീർബലിന് സ്വന്തം കുട്ടിയെ കൈകാര്യം ചെയ്യാൻ പോലും സാധിച്ചില്ല എല്ലാരും ചിരിക്കാൻ തുടങ്ങി അപ്പൊ ബീർബൽ പറഞ്ഞു അക്ബറോട് നമുക്ക് സൈന്യത്തിന് കൈകാര്യം ചെയ്യാം രാജ്യമൊക്കെ കൈകാര്യം ചെയ്യാം പക്ഷെ കുട്ടിയെ കൈകാര്യം ചെയ്യേണ്ടത് അതുപോലെ എളുപ്പത്തിൽ പറ്റില്ല അക്ബർ പറഞ്ഞു ഞാൻ കൈകാര്യം ചെയ്യാം കുട്ടിയെ കൂട്ടിക്കൊണ്ടുവരും നിങ്ങൾ വേണമെങ്കിൽ ശ്രമിച്ചു നോക്കിക്കോളാം ബീബ്രല് തന്റെ മകനെ നല്ലവണ്ണം അറിയാമല്ലോ അതുകൊണ്ട് കൂട്ടിക്കൊണ്ടുവന്നു കൂട്ടിക്കൊണ്ടുവന്ന് അക്ബർ വളരെ കുട്ടിയെ ലാളിച്ചുകൊണ്ട് ചോദിച്ചു മോനെ എന്ത് വേണം ചോദിച്ചു എനിക്ക് കരിമ്പ് വേണം എന്ന് പറഞ്ഞു കരിമ്പ് വേണമെന്ന് ഉടനെ കരിമ്പ് കൊണ്ടുവന്നു അപ്പൊ ഇത് തിന്നണമല്ലോ മുറിച്ചു തരണം എന്ന് പറഞ്ഞു മുറിച്ച് നല്ലവണ്ണം പീസ് പീസ് ആക്കിയിട്ട് തുണ്ടു തുണ്ടാക്കിയിട്ട് കുട്ടിക്ക് കൊടുത്തു കുട്ടി പറഞ്ഞു അയ്യോ ഇങ്ങനെ വേണ്ട എനിക്ക് മുഴുവൻ കരുമ്പും വേണെന്നോ അപ്പോ ബീർബലിനി ചിരി വന്നു അപ്പൊ അക്ബർ പറഞ്ഞു സാരൂല്ല വേറൊരു കരിമ്പ് കൊണ്ടുവരുന്നു അത് വേണ്ട ഈ മുറിഞ്ഞത് തന്നെ ചേർത്ത് എന്ത് ചെയ്യും ചക്രവർത്തി വേർത്തുപോയി കുട്ടികൾ ബലമുള്ളവരാണെന്നാണ് അവർ കരഞ്ഞു കഴിഞ്ഞാൽ ആരും മുട്ടുകുത്തും നിലവിളി കൂട്ടിക്കഴിഞ്ഞാൽ അല്ലെ അതാണ് ബലം അവരുടെ ബലമുള്ളവനാണ് ബാലൻ അവന്റെ നിസ്സഹായത തന്നെ അവന്റെ ബലമാണ് അതുപോലെ ഭക്തന് ഭക്തന്റെ നിസ്സഹായത തന്നെ അവന്റെ ബലമാണ് അവന് ഭഗവാനുണ്ട് അവനെ നോക്കാനുള്ളത് ഉള്ളതുകൊണ്ട് തന്നെ ബലമാണ് ഞാനാണ് എന്നെ നോക്കണമെന്ന് പറയുമ്പോൾ ദൗർബല്യമാണ് നമ്മൾ നോക്കാൻ ആളുള്ളപ്പോ നല്ല ബലമാണ് നമ്മൾ തന്നെ നമ്മളുടെ ഒക്കെ ചിന്തിക്കണമെങ്കിൽ നമ്മൾ ദുർബലമായി പോവും നമ്മൾ നോക്കാൻ ഭഗവാനുണ്ട് എന്നുള്ള ധൈര്യത്തില് ബലമാണ് സന്തുഷ്ട സതതം എപ്പോഴും ഭക്തൻ സന്തോഷമായിട്ട് ഇരിക്കണം നിറഞ്ഞിരിക്കണമെന്നാണ് സതതം സന്തുഷ്ട മുഖം വീർപ്പിച്ചിരിക്കയോ വിഷമിച്ചിരിക്കയോ ഒരു പോരായ്മയൊന്നും ഭക്തനില്ല സതതം സന്തുഷ്ട നമ്മൾക്ക് മുഖം വീർപ്പിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഭക്തിയിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് അർത്ഥം മൂഡ് ഓഫായിട്ടിരിക്കുകയാണെങ്കിൽ ചിലർ അതൊക്കെയാണ് ലക്ഷണം വലിയ ഭക്തനാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഗൗരവമായിട്ടിരിക്കണതാണ് സന്തോഷമായിട്ട് എന്താന്ന് വെച്ചാൽ ഭഗവാന്റെ സ്വരൂപം തന്നെ എന്താ ആനന്ദോ ബ്രഹ്മേ ദിവ്യജാനാദ്യവൽ വിമാനിഭൂതാ നിജായ ആനന്ദേന ജാതാ നി ജീവ ആനന്ദം പ്രയന്ത് അഭിസംവിശന്തീ ആനന്ദത്തിൽ നിന്നു ഉദ്ഭവിക്കുന്നു ആനന്ദത്തിൽ നിൽക്കുന്നു ആനന്ദത്തിൽ ലയിക്കുന്നു ആനന്ദമാണ് ബ്രഹ്മസ്വരൂപം എന്ന് അറിഞ്ഞ് ഉപനിഷത്ത് നിരൂപണം ചെയ്യുന്നു ഭക്തൻ ആ ആനന്ദത്തിന് അനുഭവിച്ചിട്ട് മുഖം വെറുപ്പിച്ചിരിക്കോ സന്തുഷ്ട സന്തോഷ് സന്തുഷ്ട എന്നുള്ളതിന് മുഖപ്രസാദം എന്നൊരർത്ഥം മനസ്സ് വെളി വിഷയങ്ങളിൽ പോയിട്ടില്ലെങ്കിൽ തന്നെ പ്രസന്നതയുണ്ടാവും പ്രസന്നത എന്ന് പറയണത് നമ്മളുടെ സ്വരൂപമാണ് വെളിയിൽ നിന്നുള്ള വിഷയങ്ങളെ പെറുക്കിക്കൊണ്ടുവരുന്നത് കൊണ്ടാണ് ആ പ്രസന്നത പോണത് ബാഹ്യേ നിരുദ്ധേ മനസ്സ്രസന്നത മനഃപ്രസാദേ പരമാത്മദർശനം മനസ്സ് പ്രസന്നമായാൽ പരമാത്മദർശനം പുറമേക്ക് മനസ്സ് പോയിട്ടില്ലെങ്കിൽ പുറം വിഷയങ്ങളിൽ മനസ്സ് ചെന്ന് പെട്ടിട്ടില്ലെങ്കിൽ തന്നെ പ്രസന്നമാവും അപ്പൊ സന്തോഷം ആഗ്രഹമില്ലായ്മയിലാണ് സന്തോഷം ഭാഗവത പറയണു ശ കൊണ്ട് ഓടുന്നവൻ എവിടെ സന്തോഷമെന്ന് ആശയില്ലാത്തവന്റെ ആനന്ദം അതിനോട് ഉപമിക്കാൻ ആശ കൊണ്ടിങ്ങനെ ഓടി നടക്കുന്ന ആൾക്ക് എവിടുന്ന് കിട്ടും സന്തുഷ്ടസ് നിരീഹസ് സ്വാത്മാരാമസ്യത്സുഖം കുതസ്ഥ കാമലോഭേനധാവത കാമം കൊണ്ടും ആഗ്രഹം കൊണ്ടും ഇനിയും വേണം എന്ന് പറഞ്ഞു ഓടുന്ന ആൾക്ക് എവിടുന്നാ സന്തോഷം സ്വാത്മാരാമനൊരു സുഖമുണ്ടല്ലോ ആ സുഖം പുറത്തുനിന്ന് എവിടുന്ന് കിട്ടും അപ്പൊ സന്തുഷ്ട സതം എപ്പോഴും സന്തോഷമായിട്ടിരിക്കും എന്താ കിട്ടിയെന്ന് വെച്ചാൽ അതുകൊണ്ട് സന്തോഷം ഭക്തന്മാരൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നവരാണ് കിട്ടുന്നത് കൊണ്ട് മതി രമണ ഭഗവാന് ഒരാൾ ഒരു ചന്ദനത്തിന്റെ വടി കൊണ്ട് കൊടുത്തു ഭഗവാൻ അത് മണത്ത് നോക്കിയിട്ട് നന്നായിരിക്കണം നിങ്ങൾ വെച്ചോളൂ അല്ല ഭഗവാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിക്കൊണ്ടുവന്ന പറഞ്ഞു എനിക്ക് സാധാരണ വടി മതിപ്പിടിക്കാൻ ഞാനിപ്പോൾ ഈ ചന്ദനത്തിന്റെ വടി വെച്ചാൽ ഒന്നാമത് ആളുകൾ വിചാരിക്കും ഞാൻ ഒരു തെറ്റായ ഒരു വഴി കാണിച്ചു കൊടുക്കണം മറ്റുള്ളവർക്ക് മറ്റുള്ളവർ പലരും കണ്ടിട്ട് ഇതുപോലൊരു വടി വേണമെന്ന് ചിലർ ആഗ്രഹിച്ചൊന്നും മറ്റുള്ളവർ കണ്ട് ആഗ്രഹിക്കുകയും വില കൽപ്പിക്കുകയും മോഹിക്കുകയും ചെയ്യുന്ന ഒരു പദാർത്ഥവും എന്റെ കയ്യിൽ വയ്ക്കാൻ എനിക്ക് ആഗ്രഹമില്ല ക്ക് ഉടുത്തിരിക്കുന്ന കോണകോ ഓട്ടയായിപ്പോയി ഒറ്റോ കോണകമേ ഉള്ളൂ അതുപോലെ വേറെ ആരുടെ അടുത്തും ചോദിക്കാൻ പോവാതെ കാട്ടിൽ നിന്ന് ഒരു മുള്ളെടുത്തിട്ട് ആ മുള്ളു ദ്വാരമുണ്ടാക്കി സൂചിയാക്കി ആ കോണകത്തുനിന്ന് തന്നെ ഒരു നൂലെടുത്തിട്ട് അതുകൊണ്ട് തച്ചു കൊടുത്തു ഒരു തോർത്ത് അത് മുഴുവൻ ഓട്ട അത് ആരുടെ അടുത്തും പറയാതെ തുടച്ച് തുടച്ച് കല്ലിന്റെ ഉള്ളു ഒളിച്ചു വെക്കും എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും കഴിഞ്ഞാലേ കൊണ്ടുവന്ന് ഒരുപാട് കൊണ്ടുവന്ന് വസ്ത്രമൊക്കെ കൊണ്ടുപോയി കൊടുക്കും അത് എന്താന്ന് വെച്ചിട്ട് തുടച്ചു തുടച്ചുള്ളിൽ വയ്ക്കും ഒരു ആടുമേക്കിനെ ചക്കൻ ഇത് കണ്ടു അവൻ കണ്ടു സ്വാമിയുടെ വസ്ത്രം കണ്ടു ആയിരക്കണക്കിന് ഓട്ടയും ചളിയും ഒക്കെ ആയിട്ട് അവൻ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു സ്വാമി നിങ്ങളുടെ മുണ്ട് ഗവർണർ കാണാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുവോ എന്ന് ചോദിച്ചു തുടച്ചു തുടച്ചു വെച്ചു ഭഗവാൻ പിൻകാലത്ത് പറയണോ ആശ്രമമൊക്കെ കിട്ടി സോഫാവും അതും വെച്ചിട്ട് എല്ലാം കഴിഞ്ഞിട്ട് അപ്പോ പറയണോ അന്ന് എന്തൊരു സുഖം ഉണ്ടായിരുന്നോ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നോ അത് പെല്ലിയാണ് ആളുകൾ എന്തെങ്കിലും പറഞ്ഞാൽ ഒന്ന് വാങ്ങിക്കൊണ്ടുവന്ന് വെച്ചോളിയും എന്തെങ്കിലുമൊക്കെ സാധനം കൊണ്ടുവെച്ചോളിയും എന്ത് ചെയ്യാൻ പറ്റും ഇതൊന്നും ആവശ്യമില്ലാത്തതാണ് സന്തുഷ്ട സതത്ം സന്തോഷം ഇവിടെയാണ് പുറത്തുനിന്നൊന്നും കിട്ടിയിട്ട് സന്തോഷമായി പുറത്തുനിന്ന് ോകത്തെന്നുള്ളത് എന്താ നമുക്ക് ഉണ്ണാം വേണം അസ്ത്രമാണ് അല്ലെ ഒരു സന്യാസി അദ്ദേഹത്തിന് മുമ്പില് നടരാജ ശിവൻ പ്രത്യക്ഷപ്പെട്ടു അത്ര ചിദംബരത്തില് പരമവൈരാഗ്യായ സ്വാമിയെ കണ്ടിട്ട് പരമേശ്വരൻ പറഞ്ഞു എനിക്കൊരു സങ്കല്പം സ്വാമി പറഞ്ഞു ഞങ്ങൾക്കൊന്നും സങ്കല്പമില്ല ഈശ്വരന്റെ സങ്കല്പം അല്ല താങ്കൾക്ക് നാല് വരം തരണമെന്ന് സങ്കല്പം എന്താ വേണ്ട എന്ന് വെച്ചാൽ ചോദിച്ചോളാം സ്വാമി പറഞ്ഞു ഇതാണ് ഈ ഈശ്വരന്മാര് വന്ന ഒരു കുഴപ്പം വരം കൊടുക്കുക വരം അതൊരു അഡിക്ഷൻ ആയിരിക്കണം ഒന്നും വേണ്ട എനിക്കൊന്നും അല്ല എന്നാലും എന്തെങ്കിലുമൊക്കെ ചോദിക്കണം മഹർഷി മഹർഷിയുടെ അടുത്തൊരു ഭക്തൻ ചോദിച്ചു അരുണാചലേശ്വരർ അങ്ങയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട എന്ത് ചോദിക്കും എന്ന് ചോദിച്ചു അപ്പൊ മഹർഷി പറഞ്ഞു ഈ പ്രത്യക്ഷപ്പെടുന്ന വേലയെല്ലാം എങ്ങിട്ട് വെച്ചാതെ പ്രത്യക്ഷപ്പെട്ടിട്ട് മറിഞ്ഞു പോ അപ്പോ ഈശ്വരൻ നാല് പേരം ചോദിച്ചപ്പോ ഈ സ്വാമി പറഞ്ഞു ആദ്യത്തെ വരെ എന്താന്ന് വെച്ചാൽ വിശപ്പുണ്ട് ശരീരത്തിന് അല്ലെ പുറത്തുനിന്ന് നമുക്ക് കിട്ടേണ്ട ചില സാധനങ്ങളുണ്ട് ഒന്ന് അന്നം കശപ്പിന് ഭക്ഷണമാണ് രണ്ട് താമസിക്കാൻ ഒരു സ്ഥലം വേണം ഒരിടത്ത് കടന്നാ എഴുന്നേറ്റ് പോകുമെന്ന് പറയാതിരിക്കണം ശരി എവിടെയെങ്കിലും ഒരിടത്ത് കിടന്ന കിടക്കാനൊരു സ്ഥലം മൂന്നാമത് ഉടുക്കാനൊരു തുണി അത്ര നിങ്ങളെ കൗപീനമായാലും മതി ഭക്ഷണം ഒത്തിരി ഉപ്പില്ലാത്ത കഞ്ഞി ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസം സമൃദ്ധമായിട്ട് ഭക്ഷണം അങ്ങനെ വേണ്ട നാലാമത് വരം ചോദിക്കാനില്ല അദ്ദേഹത്തിന്റെ കയ്യിൽ അപ്പൊ പറഞ്ഞു ഭഗവാനെ മനുഷ്യനല്ല ഞാൻ കുറച്ചു കഴിഞ്ഞാല് ഈ കഞ്ഞിക്ക് പകരം ഒത്തിരി അവിയൽ ഉണ്ടാക്കി തരാൻ പറയും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പപ്പടം വേണമെന്ന് ചോദിക്കും കിടക്കാൻ ഉള്ള സ്ഥലത്ത് ഇത്തിരി സോഫ ഒന്ന് വാങ്ങി തന്നാൽ വേണ്ടില്ല എന്ന് പറയും ഉടുക്കണ വസ്ത്രം ഈ കോണവും മാത്രം പോരാ തണുക്കണു അതുകൊണ്ട് ഒത്തിരി ഒരു നല്ല വസ്ത്രമായിട്ട് വേണം എന്ന് പറയും അതുകൊണ്ട് ഇനി ഞാൻ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ തരില്ല എന്ന് പറയണമെന്നാണ് അതാണ് നാലാമത്തെ വരണം ഇനി എന്തെങ്കിലുമൊക്കെ ഞാൻ ചോദിച്ചാ തരില്ല എന്ന് പറയണം ഇതും മതി സന്തുഷ്ട സതം ആ സന്തോഷം ഉള്ളിലാണോ പുറത്തുള്ള ഒന്നുമില്ല പുറത്ത് ആവശ്യത്തിലധികം വസ്തുക്കൾ ഇങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യും നമ്മളൊക്കെ ഇപ്പോ ഒരിടത്ത് പോകുമ്പോ ആളുകൾ ഒരു സമ്പ്രദായ ഒക്കെ വെച്ചിട്ടുണ്ട് എന്താന്ന് വെച്ചാൽ മുണ്ട് കൊടുത്ത് നമസ്കരിക്കാം എത്ര മുണ്ട് കൊടുക്കാൻ പറ്റും അത് പട്ട് അത് പല വിധത്തിൽ വില പിടിച്ച മുണ്ടൊക്കെ തന്നാൽ അത് ഉടുക്കാനും പറ്റില്ല എന്ത് ചെയ്യും ആർക്കും കൊടുക്കാനും പറ്റില്ല അത് നോക്കിയിട്ട് വേണം കൊടുക്കാൻ അവർക്കും പ്രയോജനപ്പെടണമല്ലോ ബോംബെയിലെ പോയിട്ട് ഒരു സപ്താഹത്തിന് പോയിട്ട് ഞാൻ അന്ന് ഈ കച്ചം കെട്ടണം പരിചയം പോലുമില്ല ഒറ്റമുണ്ട് എടുത്ത് കാലാണ് മുപ്പത്തിയഞ്ചു മുണ്ട് ഞാൻ എന്തിയും എവിടെ കൊണ്ടുപോകും കൊടുക്കും അങ്ങട് തിരിഞ്ഞാൽ ഇങ്ങോട്ട് തിരിഞ്ഞാൽ എല്ലാരും പാൻഡ് ഇട്ട് നടക്കണവരാണ് ആർക്കും കൊടുക്കാനും പറ്റില്ല ഇതിപ്പോ ശിക്ഷയായിട്ട് അതും കൊണ്ടു പോവാന്നുള്ളത് ആവശ്യത്തിലധികമുള്ള സ്ഥാപനം ൾക്ക് തലവേദനയാണ് ആവശ്യത്തിലധികമുള്ള വസ്തു നമുക്ക് ആവശ്യം എന്നുള്ളതിനൊരു എക്സ്റ്റൻഷൻ ഉണ്ടാവും നമുക്ക് സന്യാസികളെ പോലെ ഇരിക്കാൻ പറ്റിയില്ലെങ്കിലും താമസിക്കാനുള്ള സ്ഥലം അതിനൊരു ഒരു ഒരു കോമ്പൗണ്ട് വാളുണ്ടാവും ഓരോരുത്തരുടെയും സ്ഥിതി അനുസരിച്ചും കാലമനുസരിച്ച് മാറും പക്ഷെ അതിൽ കൂടുതൽ ആവശ്യമുള്ള വസ്തുക്കൾ ശേഖരിക്കും തോറും ബന്ധമാണ് നമുക്ക് ഇതിനിത്തിരി അറിവ് മതി വലിയ ത്യാഗവും അതൊന്നും വൈരാഗ്യമൊന്നും ആവശ്യമില്ല ഭക്തന് ഭഗവാനെ കിട്ടിയിരിക്കുമ്പോൾ വേറൊന്നും വേണ്ട സന്തുഷ്ട സതതം സന്തുഷ്ട സതതം എപ്പോഴും സന്തോഷമാണെന്നാണ് എന്താന്ന് വെച്ചാൽ എന്താ വേണ്ടെന്ന് വെച്ചാൽ അതുണ്ട് ഇനി എന്താ വേണ്ട സന്തുഷ്ട സതതം യോഗി സതതം യോഗി എന്നും പറയാം എപ്പോഴും ഭഗവത്യുക്തനാണ് എപ്പോഴും ഭഗവത്ധ്യാനനിഷ്ഠനാണ് സമത്വം വിട്ടുപോവാത്തവനാണ് സന്തുഷ്ട സതതം യോഗി യഥാത്മാ ഇന്ദ്രിയനിഗ്രഹമുള്ളവനാണ് മനോനിഗ്രഹമുള്ളവനാണ് ശാന്തനാണ് യഥാത്മാ സംയതസ്വഭാവം എപ്പോഴും സമാഹിതനായിട്ടിരിക്കുന്നവനാണ് ഭഗവത്ധ്യാന നിഷ്ഠനാണ് യഥാത്മാ ദൃഢനിശ്ചയ ഭക്തന്റെ നിശ്ചയം എവിടെയാ ആത്മതത്വവിഷയേ യ്ചയോ ദൃഢനിശ്ചയ ആത്മതത്വവിഷയത്തിൽ ദൃഢനിഷ്ഠയുള്ളവനാണെന്നാണ് എന്നുവെച്ചാൽ ശരീരാദികൾ താനല്ലെന്നും മനസ്സ് താനല്ലെന്നും ബുദ്ധി താനല്ലെന്നും താൻ ശുദ്ധമായ ചൈതന്യമാണെന്നും താൻ ആത്മാവാണെന്നുള്ള അനുഭവം ഒരു ക്ഷണനേരത്തേക്ക് പോലും വിട്ടുപോവാത്ത നിശ്ചയമുള്ളവനാണ് ദൃഢനിശ്ചയ അതിന് ചിന്തിക്കുക പോലും വേണ്ട സഹജമായവന് നിശ്ചയമാണെന്നും അത് ബോധമാണ് അയാൾക്ക് ദൃഢനിശ്ചയ ദൃഢനിശ്ചയമാണ് ജ്ഞാനിയുടെ നിഷ്ഠ മനസ്സിന്റേതല്ലാതെ മനസ്സിന്റെ പ്രവൃത്തി അല്ലാതെ യോഗത്തിനും ജ്ഞാനത്തിനും വ്യത്യാസമുണ്ട് യോഗം ധ്യാനം ചെയ്യുമ്പോ വരേണ്ടതാണ് ജ്ഞാനം നിശ്ചയരൂപത്തിലുള്ളതാണ് നിശ്ചയം എന്ന് വെച്ചാൽ ബുദ്ധിയുടെ നിശ്ചയമല്ല പ്രത്യഭിജ്ഞയാണ് ബോധമാണത് ഉണർവാണ് യഥാത്മാ ദൃഢനിശ്ചയ ഭക്തനെ സംബന്ധിച്ചിടത്തോളം എന്താ ദൃഢനിശ്ചയം ഭഗവാനേ ഉള്ളൂ ഭഗവാൻ എന്നെ നോക്കണു സദാ ഭഗവാനെ അനുഭവിക്കുകയും കാണുകയും സകലതും ഭഗവത് സ്വരൂപമാണെന്ന് അറിയുകയും ഭഗവാൻ തന്നെ പിടിച്ചുകൊണ്ടിരിക്കണോ എന്ന് അറിയുകയും തന്റെ ശരീരമോ മനസ്സോ ഒന്നും തന്നെ തന്റേതല്ല എന്നുള്ള ഭാവമാണ് ശരീരം ഭഗവാന്റെയാണ് മനസ്സ് ഭഗവാന്റെയാണ് താനും ഭഗവാന്റെയാണ് ഭഗവാനേ ഉള്ളൂ ഞാനില്ല ഭഗവാനാണ് നടത്തുന്നത് സകലതും ഭഗവതി ഇച്ഛയാണ് എന്ന് ദൃഢമായ നിശ്ചയമുണ്ട് തന്റെ ജീവിതം തന്നെ ഭഗവാന്റെ കയ്യിലാണ് തന്റെ കയ്യിലല്ല അതുകൊണ്ട് ഒന്നിനെയും സങ്കൽപ്പിക്കാനോ അതിനെക്കുറിച്ച് ചിന്തിക്കാനോ വിഷമിക്കാനോ ഭക്തന് സമയവുമില്ല ഉദ്ദേശവുമില്ല യഥാത്മാ ദൃഢനിശ്ചയ ദൃഢനിശ്ചയത്തിന് കാരണമാണ് പറയണത് മയ്യർപ്പിത മനോബുദ്ധി മനസ്സ് ഭഗവതർപ്പാണ് ബുദ്ധിഭഗവതർപ്പണമാണ് ബുദ്ധിസ്ഥിരാ ഭരപാദപത്മസക്തൂ വിരഹിണീവ സദാ സ്മരത്തി സദ്ഭാവനസ്മരണദർശനകീർത്തസംമോഹിത ശിവമന്ത്രജപേന വിന്ദേ ബുദ്ധിസ്ഥിരാ ഭീഷരപാദപത്മസക്ത ഭഗവത്പാദപത്മത്തിൽ അങ്ങനെ സക്തമായിട്ടിരിക്കുകയാണത്ര ബുദ്ധി എങ്ങനെ വിരഹിണിയായ വധു തന്റെ വരനെ കാത്തുകൊണ്ടിരിക്കുന്ന പോലെ ബുദ്ധി സ്മരിക്കുന്നു വൃത്രൻ ഭാഗവതത്തിൽ പറയണമല്ലോ അജാതപക്ഷ ഇവ മാതരം ഖഗാഹ സ്തന്യം യതാ വത്സതരാ ക്ഷുതാർത്താഹ പ്രിയം പ്രിയേവ വിഷിതം വിഷണ്ണ മനോരവിന്ദാക്ഷിദൃക്ഷതേത്വാം ഭക്തന് ഭഗവാനേ ഉള്ളൂ മനസ്സ് ഭഗവാന്റെ അടുത്താണ് ബുദ്ധിയും ഭഗവത് നിശ്ചയം ചെയ്തിരിക്കാണ് വയ്യർപ്പിത മനോബുദ്ധി യോ മദ്ഭക്ത സമയപ്രിയ അങ്ങനെയുള്ള ഭക്തൻ എനിക്ക് ഏറ്റവും പ്രിയങ്കരനാണ് അങ്ങനെയുള്ള ഭക്തൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനാണ് എന്ന് പറഞ്ഞ് അടുത്ത ശ്ലോകം നോക്കൂ യസ്മാജതേ ലോകോ लोकान नो यहां। हर्शा गई ही। मुक्तो लोकान्नोजते यहा मु प्रि यस्जते लोक लोकाजते चाह हर्ष अमर्ष भय उद्गे मुक्त യസ് സേ പ്രിയ യസ്മാത് ന ഉദ്വിജതേ ലോക ആരിൽ നിന്നാണോ ലോകത്തിന് യാതൊരു വിധത്തിലുള്ള ഉദ്വേഗവും ഉണ്ടാകാത്തത് ഉദ്വേഗം എന്ന് വെച്ചാൽ വേഗം എന്ന് വെച്ചാൽ എല്ലാ വികാരങ്ങളും വേഗമാണ് വേഗം വാക്കിനൊരു തപസ്സുണ്ട് എന്താ വാക്യ തപസ് അനുദ്വേഗകരം വാക്യം ഏത് വാക്യം കേട്ടാളാണോ കേൾക്കുന്നവരുടെ ഉള്ളിൽ ഒരു വേഗവും ഉദിക്കാത്തത് ആ വാക്യം അങ്ങനെ വാക്യം പറയാന്ന് അനുദ്വേഗകരം വേഗം എന്ന് വെച്ചാൽ ഡ്രൈവ്സ് ആധുനിക ഭാഷ കാമം കോപം ദ്വേഷം അസൂയ ആസക്തി എന്തെങ്കിലുമൊക്കെ വിധത്തിലുള്ള ചലനം അല്ല കർമ്മം ചെയ്യാം എന്തെങ്കിലും ചെയ്യാനുള്ളൊരു ഉത്സാഹം ഇത്തരത്തിലൊന്നും ഉണ്ടാവാതെ ശാന്തമാക്കുന്നതാണ് അനുദ്വേഗകരം ഇവിടെ ആരിൽ നിന്നാണോ ആർക്കും യാതൊരുവിധ ചലനവും ഉണ്ടാവാത്തത് പേടിക്കുകയോ വേണ്ടെന്ന് നടത്തും അയാൾ ഇനിയിപ്പോൾ അയാള് അയാളുടെ സാന്നിധ്യത്തിലോ ഈ സൈക്ലിക് അറ്റ്മോസ്ഫിയർ അത്ര ശുദ്ധമാണെന്ന് ഒരാളുമായി സംബന്ധപ്പെടുമ്പോ പലപ്പോഴും വ്യക്തിയോടല്ല സംബന്ധപ്പെടുന്നത് ശരീരത്തിനോടല്ല ഉള്ളിന്റെ ഉള്ളിൽ ഒരു കണക്ഷൻ ശാരീരികമായി ഈ ദർശനത്തിനേക്കാളും പ്രബലമായിട്ട് ഉണ്ടാവണുണ്ട് അതുകൊണ്ട് ഇത്തിരി ഇത്തിരി സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് അതാണ് ചിലർ വന്നാൽ തന്നെ അവർക്ക് ഇരിക്കാൻ പറ്റില്ല രാമകൃഷ്ണ പരമംസർ കുറച്ചധികം ഉണ്ടായിരുന്നു അത് ചിലരെ കണ്ടാ പറയൂ അദ്ദേഹം ഇരുട്ട് നടന്നു വരുന്ന പോലെ ഉണ്ട് വ്യക്തികൾക്ക് അവര് അവരുടെ നമ്മളുടെ മനസ്സുണ്ടല്ലോ മനസ്സ് എന്ന് പറഞ്ഞ് ഉള്ളിലിങ്ങനെ ചലിക്കുന്ന ആ വാസനകളുടെ ജാലം അഹങ്കാരം അതൊക്കെ നമുക്ക് ചുറ്റുമിങ്ങനെ പാറിപ്പറന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് നമ്മളെയും മറ്റുള്ളവരെയും അനുസ്യൂതം ബാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഭക്തന് ഉത്തമ ഭക്തൻ അല്ലെങ്കിൽ ജ്ഞാനി ജീവൻ മുക്തൻ എന്നൊക്കെ പേരൊക്കെ മാത്രം വ്യത്യാസം അത്രയുള്ളൂ ആ ഭക്തന് ഈ പറയണ മനസ്സില്ല ഈ പറയുന്ന മനസ്സ് അവിടെയില്ല അതുകൊണ്ട് തന്നെ ഇവിടുന്ന് പുറത്തേക്കൊന്നും പോവാനില്ല പുറത്തു നിന്നൊന്നും അവിടെ ബാധിക്കാനില്ല ഈ സൈക്കിക് എക്സ്ചേഞ്ച് ഇല്ല വികാരങ്ങളുടെ ചലനമില്ല അതുകൊണ്ട് എസ്മാത്ത് ന ഉദ്വിച്ചതേ അയാള് ഒരു ശാന്തിയുടെ ഒരു ധാമമാണ് ഒരു മഹാത്മാവിനെ അറിയാനുള്ള ഒരേ വഴി അതാണ് ബാക്കി കർമ്മങ്ങൾ കണ്ടിട്ടോ വർത്തമാനം പറയണത് കണ്ടിട്ടോ രൂപം കണ്ടിട്ടോ ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല സാന്നിധ്യത്തിലേർപ്പെടുന്ന ശാന്തി നമ്മളുടെ മനസ്സ് ശാന്തമാവണം അടങ്ങണം ഉള്ളിൽ ശീതളത കുളിർമ ഉണ്ടാവണം അങ്ങനെ അതാണ് ഉദ്വേഗമില്ലായ്മ എന്ന് പറഞ്ഞത് ഉദ്വേഗമില്ല എസ്മാത് ന ഉദ്വിജത ലോക അയാളിൽ നിന്ന് ആർക്കും യാതൊരു വിധത്തിലുള്ള ഉദ്വേഗവും ഉണ്ടാവില്ല ലോകം എന്തൊക്കെ തന്നെ കാണിക്കട്ടെ അതുകൊണ്ട് അയാൾ ഉദ്വിഘ്നാവില്ല അതുകൊണ്ടാണ് അയാളിൽ നിന്നും അങ്ങനെയേക്കും വരാത്ത ലോകം പല സജഷൻസും തന്നുകൊണ്ടിരിക്കും പുറത്തു അതിനൊന്നും നമ്മൾ വഴങ്ങിക്കൊടുക്കുകയാണല്ലോ അത് അല്ലെ പുറത്തുനിന്ന് എന്തൊക്കെയോ നടക്കണോ തിനെ ഉള്ളിലെടുത്തിട്ടാണ് നമ്മൾ വികാരപ്പെടുന്നത് ലോകത്തിൽ എന്തൊക്കെ തന്നെ പുറമേക്ക് നടന്നാലും ഉദ്വിജതേചയാഹ എന്തൊക്കെ നടന്നാലും ഏകനാഥനെ ഏകനാഥസ്വാമിയെ ദേഷ്യപ്പെടുത്താനായിട്ട് ഒരാളെ ഏർപ്പാടാക്കി കുറേ ചെക്കന്മാരോ കൂടെ സ്വാമിയുടെ മുമ്പിൽ പോയിട്ട് കുറെ നേരം തെറി വിളിച്ചു പലതും പറഞ്ഞു എല്ലാം കഴിഞ്ഞപ്പൊ അദ്ദേഹം അകത്തു പോയി ഒരു പാത്രത്തില് പാലെടുത്തുകൊണ്ട് വന്നു അത്ര എന്നിട്ട് പറഞ്ഞു ഇത് കുടിക്കൂ ഇത്രയും നേരം എന്നെ അനുഗ്രഹിച്ചല്ലേ വളരെ ശാന്തമായി ഒരു ചലനമില്ല അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്തുള്ളവര് ചോദിച്ചു അത്ര ഇതെങ്ങനെ സാധിക്കും അദ്ദേഹം പറയണത്തെ വളരെ എളുപ്പമാണ് ഭാഷയെ അങ്ങോട്ട് മറന്നുകളെയാണ് ഭാഷ അങ്ങോട് മറന്നുകളേണം ഈ വരണത് വെറും ശബ്ദമാണ് ശബ്ദം എവിടുന്ന് ഉദിക്കണോ ശബ്ദത്തിന്റെ ഉദയസ്ഥാനം ഏതാ ഹൃദയമാണ് ആത്മാവിൽ നിന്ന് ഉദിക്കുന്നത് നാദബ്രഹ്മമാണ് നാമസങ്കീർത്തനമാണ് അവൻ ചെയ്തതെന്നാണ് വേറൊന്നുമല്ല അതിന് നമ്മൾ അർത്ഥം കൽപ്പിച്ചിട്ട് ദ്വേഷം എന്നൊക്കെ പറഞ്ഞ് നമ്മളല്ലേ ഉദ്വിഗ്നരാവണത് ഉദ് ഉദ്വിഗ്നരാവണില്ല എന്ന് അങ്ങനെ തീരുമാനിക്കാം നീ ലോകത്ത് നിന്ന് എന്തൊക്കെ തന്നെ വരട്ടെ യസ്മാന്നോ ദ്വിജതേ ലോകോ ലോകാന്നോ ദ്വിജതേ ജയാ മനസ്സിനെ അങ്ങോട്ട് ഇല്ലാതാക്കിയാൽ അതാണ് ഭിക്ഷുഗീതത്തില് ഏകാദശത്തിലാ ഭിക്ഷു പറഞ്ഞു നായം